സംസാരത്തിന്റെ ബീജമായിരിക്കുന്ന അവിദ്യാദി എന്ന് പറഞ്ഞിരിക്കും അവിദ്യ ആദി അവിദ്യ മുതലായ അനർത്ഥം നിവാരണം അതിൽ അവിദ്യ ആദി എന്ന് പറയുന്നത് എന്താണ് അതാണ് തുഖാവനി പറഞ്ഞിരിക്കുന്നത് അവിദ്യാദിത്യാദിഗ്രഹണേന ത സംസ്കാരോ അപരുദ്ധ്യത അവിദ്യ ആദി എന്നുള്ളതുകൊണ്ട് അവിദ്യയെയും അവിദ്യയുടെ സംസ്കാരം ികാരൻ മംഗളാചരണത്തിൽ പറഞ്ഞു എന്താണ് യം അനുവാച്യമായ അവിദ്യ രണ്ടെണ്ണം രണ്ടവിദ്യോന്നു ഒന്നാവിദ്യ ഒന്ന അതിന്റെ സംസ്കാരം ഇപ്പൊ ഇവിടെ അദ്വൈതത്തിൽ സൃഷ്ടി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് എന്തായിരിക്കും സൃഷ്ടി ആരംഭിക്കുന്നു പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുന്നു പറഞ്ഞാൽ അതിനുമ്പിൽ എന്തായിരിക്കും പ്രളയം അതിന്റെ മുമ്പിൽ എന്തായിരിക്കും ഇതാണ് എന്നാ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാന്റെ അർത്ഥം അതിനു മുമ്പിൽ ഒരു പ്രളയം കഴിഞ്ഞുള്ള ആരംഭമാണ് പ്രളയം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അതിനുമുമ്പുള്ള സൃഷ്ടി സംസ്കാരത്തിരുന്നാണ് സംസ്കാരൂപത്തിലിരിക്കും അപ്പൊ ഈ സംസ്കാരമെന്ന് പറയുന്നത് അവിദ്യയുടെ തന്നെ മറ്റൊരു രൂപമാണ് സൃഷ്ടി ആരംഭിക്കുമ്പോൾ അവിദ്യയും സംസ്കാരവും കൂടെ വരുന്നു എന്നിട്ടാണ് സൃഷ്ടി തുടങ്ങുന്നത് സൃഷ്ടിക്ക് മുമ്പുള്ള പ്രളയസമയത്താണെങ്കിലോ സൃഷ്ടിക്ക് മുമ്പ് പ്രളയകാലത്ത് ആ വിദ്യ സംസ്കാര രൂപത്തിലിരിക്കുന്നു സൃഷ്ടി തുടങ്ങുമ്പോൾ ആവിദ്യയും സംസ്കാരവും വരുന്നു അവിടെ സംസ്കാരത്തെ സ്വീകരിക്കുന്നത് എന്തിനാണ് സംസ്കാരത്തെ സ്വീകരിക്കുന്നത് ആ നമ്മളുണ്ടായിരുന്ന പ്രപഞ്ചത്തിൽ നിന്നും പുതിയ പ്രപഞ്ചത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംസ്കാരത്തക്കു സംസ്കാരം ഉണ്ടെങ്കിൽ അത് നടക്കും അപ്പോ എന്ന് സൃഷ്ടിയില് പഞ്ചഭൂതങ്ങളുണ്ടായിരുന്നു ഈ സൃഷ്ടിയിലും പഞ്ചഭൂതങ്ങളുണ്ട് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെല്ലാം പ്രളയകാലത്ത് സംസ്കാര രൂപത്തിലിരുന്നു എന്നിട്ട് പുതിയ സൃഷ്ടി വന്നപ്പം ആ സംസ്കാരം കൊണ്ട് ഈ അവിദ്യ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും പൂർവ്വത്തിൽ നിന്ന് തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് സംസ്കാരത്തിൽ സ്വീകരിക്കുന്നത് ഇതുതന്നെയാണ് സുഷിത്വയിലും പറയുന്നത് സുഷിത്വവിദ്യ സംസ്കാര രൂപത്തിലിരിക്കുന്നു അപ്പോൾ പൂർവ്വജാഗ്രത്തിലെ കാര്യങ്ങളെല്ലാം ഓർമ്മകളെല്ലാം എന്താണ് അവിദ്യയിൽ സംസ്കാര രൂപത്തിലിരുന്നു എടുത്ത അന്തക്കണ്ണത്തിരുന്നു എന്നും പറയും അതുകഴിഞ്ഞ് ഉണർന്നു വരുമ്പോൾ അതെല്ലാം പുതിയ ഓർമ്മകളായി വരുന്നു ീ അവിദ്യ സ്വീകരിച്ചത് ഏതിനു ഓരോ സംസ്കാരത്തെ സൂക്ഷിക്കുന്നതിനുള്ള ഇടമായിട്ടാണ് ഇവര് അവിദ്യ സ്വീകരിച്ചത് അദ്വൈനികൾ മനസിലായ ഒരു സൃഷ്ടി അത് കഴിഞ്ഞതിന്റെ ഒരു പ്രളയം സംഭവിക്കുന്നു ആ സൃഷ്ടി ഇല്ലാതാവും അപ്പൊ അവിടെ അവിദ്യ വീണ്ടും അടുത്ത ആരംഭിക്കുന്നു വിദ്യ ഉണർന്നു വരുന്നു സംസ്കാരത്തോടുകൂടി സംസ്കാരം കൊണ്ടെല്ലാം സൃഷ്ടിക്കുന്നു ഉറക്കത്തിലും ഇത് തന്നെ പറയുന്നത് ഉറക്കത്തിൽ അവിദ്യ അങ്ങനെയിരുന്നു സംസ്കാരം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ വരുന്നു അവിദ്യ വരുന്നു സംസ്കാരം കൊണ്ട് പഴയതെല്ലാം നമുക്ക് വീണ്ടും ജാഗ്രത്തിലേക്ക് ഓർമ്മയുടെ രൂപത്തിലും മറ്റും വരും അവിദ്യയിലാണ് ഇവര് സംസ്കാരത്തെ സൂക്ഷിക്കുന്നു എന്ന് കരുതിയിരിക്കുന്നു എന്തുകൊണ്ട് അവിദ്യയും സംസ്കാരത്തെ സൂക്ഷിക്കുന്നു കരുതുന്നു എന്താ കാരണം ആത്മാവിനെന്തായാലും സൂക്ഷിക്കാൻ പറ്റില്ല അത് ശരിയാണ് അവിദ്യയിൽ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നു എന്ന് കരുതുന്നു അത് തന്നെ അത് അവദ്യയിൽ എന്തിനാണ് അവർ സൂക്ഷിക്കുന്നു സംസ്കാരത്തെ എന്തുകൊണ്ടാണ് കത്തുന്നില്ല വലിയ മായ തോന്നിയ ഇവര് ഈ അവിദ്യയുടെ സംസ്കാരത്ത് കൊണ്ടു വയ്ക്കുകയും ഉണർന്ന് വരുമ്പോ അവിദ്യയിൽ നിന്നാണ് എല്ലാം മരുന്നു എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ അറിവില്ലാത്തവരായിരുന്നു അവർ നിങ്ങളെക്കാളും മോശമായി ഒരു സംശയം എന്തുകൊണ്ട് നിങ്ങളെക്കാളും മോശമായി നിങ്ങളെക്കാണ് മോശവാദി അതായത് ഈ ഓർക്കത്തിൽ നിന്ന് ഉണർന്നു വരുക നമ്മുടെ ഈ ഓർമ്മ ചെയ്തതൊക്കെ വരുന്ന നമ്മുടെ ബ്രെയിൻ അതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാണ് അതിനെ കുറിച്ച് അവർക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത് ഇതൊക്കെ അവിദ്യയിൽ ഇരുന്നു ഉണർന്നു വന്നപ്പോൾ അവിദ്യയിൽ നിന്ന് വന്നു എന്ന് പറയുന്നു ബ്രെയിനിനെ കുറിച്ച് ഇത്രയും കാലമായി ജീവിച്ചും നിങ്ങൾക്ക് യാതൊരു ബോധവുമുണ്ടാവും അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെ ബോധം ഉണ്ടാവും ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ബ്രെയിനിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പായിരം കൊല്ലം ജീവിച്ചിരുന്ന ഭാമതികാരൻ ഇവർക്ക് എങ്ങനെ ബ്രെയിനിനെ കുറിച്ച് പറയാനാ പറയത്തില്ല അപ്പൊ നിങ്ങളെക്കാളും മോശമായി പോയി ബ്രെയിനിനെ കുറിച്ച് പിന്നെ ഈ ഓർമ്മയ്ക്കൊക്കെ കാരണമെന്തെന്ന് പറയാൻ പറ്റ പ്രയാസമുണ്ട് അവിദ്യയുടെ ആവശ്യമില്ല ബ്രെയിൻ ഉണ്ടെങ്കിൽ അവിദ്യയുടെ ആവശ്യം ഇല്ല ഇതൊരു വലിയ പോരായ്മയാണ് എത്ര പറഞ്ഞാലും എത്ര കരഞ്ഞാലും സങ്കടം മാറുന്ന ഒരു ബോധക്കേടാണ് എത്ര പറഞ്ഞാലും എത്ര കരഞ്ഞാലും ആ സങ്കടം മാറത്തില്ല എന്താണ് എന്താണ് ആ സങ്കടം ിനെ കുറിച്ച് അറിയാതെ അവിദ്യഗ്രഹേനെ ബ്രെയിനിലെങ്ങനെ ബോധം വരും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാ എന്താണ് വേണം വിശദിക്കാം പക്ഷെ എങ്ങടെയൊക്കെ ആസനത്തിൽ തീ പിടിക്കും മനസിലായോ പറഞ്ഞു പറയുന്നില്ല എങ്ങനെയാണ് ബോധം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസനത്തിൽ തീ പിടില്ല പറയണോ അറിയാണ്ടാവട്ടെ അതാണ് തീ പിടിക്കും അറിയുകയും ചെയ്യും യാദി ഗ്രഹണേനത്ത സംസ്കാരം അവരുദ്ധി അപ്പൊ അവിടെ അവിദ്യ ആദി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം സംസ്കാരത്തെ കൂടെ ആ സംസ്കാരം അപ്പോ അവിദ്യയും സംസ്കാരവും അപ്പൊ അവിദ്യ ആദി അനർത്ഥം ഭാഷയത്തിൽ പറഞ്ഞിരിക്കുന്നു അവിദ്യയും സംസ്കാരവുമാകുന്ന അനർഥം ഈ അന്നത്ഥത്തെ ജ്ഞാനം നശിപ്പിക്കുന്നുണ്ട് ബ്രഹ്മജ്ഞാന ആയുധ്യേയും നശിപ്പിക്കുന്നു അതിന്റെ സംസ്കാരത്തെയും നശിപ്പിക്കുന്നു അതുകൊണ്ട് ഭാഷക്കുപൊലത്തസ്മാത് ബ്രഹ്മ വിജിജ്ഞാസിതവ്യം അതുകൊണ്ട് ബ്രഹ്മ അതിനെക്കുറിച്ചു വിശദീകരിക്കും ഭാവനകാലും യും നശിക്കുന്നു സംസ്കാരം നശിക്കുന്നു പറയുന്നു അപ്പൊ അതിന് അതിന് പിന്നെ അദ്വൈതികള് ഇങ്ങനെ പറയുന്നിടത്ത് പല പ്രശ്നങ്ങളുണ്ടാണ് അവരുടെയും സംസ്കാരവും നശിക്കുന്നു എന്ന് പറയുന്നു ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം കൊണ്ട് ഒരാൾക്ക് ഇപ്പം ഭാമനികാരം പറയുന്ന അനുസരിച്ചാണെങ്കിൽ സമാധിയിലാണെന്തുണ്ടാവുന്നത് ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനം ഉണ്ടാവുമ്പോ അവിദ്യയും സംസ്കാരവും എല്ലാം നശിക്കുന്നു അവിദ്യയും സംസ്കാരവും എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ചോദ്യം വരും പിന്നെ ആളെങ്ങനെ വരും പിന്നെ ഉണരാൻ ഇല്ല അപ്പൊ അതിനൊരു കുറുപ്പ് വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് കുറുപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ് എന്താണ് പറയുന്നത് അതിന് മറുപടി ഉണ്ടവർക്ക് അങ്ങനവര് പറയുന്നത് അവിധി സംസ്കാരമൊക്കെ നശിക്കുന്നു എന്നാൽ പ്രാരബ്ധെന്ന് പറയുന്ന ഒരു സംസ്കാരം നശിക്കില്ല ആ ഒരു സംസ്കാരം നശിക്കത്തില്ല അത് എന്തുകൊണ്ട് നശിക്കുന്നില്ല ചോദിച്ചാൽ നശിക്കില്ല അത് മരണം വരാതെ തുടരും ആ പ്രാരബ്ധ സംസ്കാരം നശിക്കാത്തോണ്ട് വീണ്ടും വളരുന്നു ത്തിലേക്ക് വരുന്നു ആ പ്രാരംഭ സംസാരം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകും ആ എഴു വച്ചിലൊരു സാമർഥ്യമുണ്ട് പക്ഷേ പക്ഷേ അവിടെ ഒരു ഒന്ന് കൂടി ചേർക്കുന്നുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ജ്ഞാനമുണ്ടായി അജ്ഞാനം നശിച്ചു സംസ്കാരം നശിച്ചു പിന്നീട് അത് പോയിന്റാണ് പ്രാരബ്ദം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഉള്ളത് കൊണ്ട് വീണ്ടും എല്ലാം പഴയതു തന്നെ നശുന്നതുവരെല്ലാം പഴയതു തന്നെയാണ് പക്ഷേ അജ്ഞാനം നശിച്ചുകൊണ്ട് അവർക്ക് അജ്ഞാനം നശിച്ചുകൊണ്ട് ഭ്രാന്തി മാറി ഭ്രാന്തിയില്ല തൊഴിലിക്ക് പിന്നെ ഭ്രാന്തി ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു ഭ്രാന്തിയും മാറി എന്തായാലും സംസ്കാരം നശിക്കില്ല അപ്പൊ ഞാൻ വീണ്ടും ഭ്രാന്തനാവുന്നില്ല എന്ന് വെച്ചാൽ ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഭ്രാന്തിന്ന് പറയുന്നത് അതായത് ഭ്രാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനാത്മാവാണെന്ന് കരുതുക ഈ ശരീരത്തിൽ ദേഹാത്മബുദ്ധി ഈ പ്രപഞ്ചസത്യമാണെന്ന് കരുതുക ഇതൊക്കെയാണ് ഭ്രാന്തി ഇത്തരം കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവത്തില്ല ഇതിനെയാണ് ഭ്രാന്തി എന്ന് പറയുന്നത് ഭ്രാന്തല്ല മനസിലായോ അപ്പൊ സമാധിയിൽ ജ്ഞാനം ഉണ്ടായി അജ്ഞാനം നശിച്ചു എല്ലാ സംസ്കാരവും നശിച്ചു ഭ്രാന്തി നശിച്ചു പക്ഷെ വീണ്ടും പ്രാരബ്ധ സംസ്കാരം കൊണ്ട് വീണ്ടും സമാധിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞു എന്തെയ്യുന്നു ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന ആ സംസ്കാരം നശിക്കാത്തതുകൊണ്ട് ശരീരം വീണ്ടും ഉണ്ട് പിന്നെ കുറെ പ്രാവൃത്യരൂപത്തിലുള്ള കുറെ സംസ്കാരങ്ങളിരിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർക്കാൻ പറ്റുന്നുണ്ട് ലോകത്തെ ഇങ്ങനെ കാണുന്നു പക്ഷേ ലോക സത്യമാണെന്നുള്ള ഭ്രാന്തി ഞാൻ ആ ശരീരമാണെന്നുള്ള ഭ്രാന്തിയിൽ അതെല്ലാം നശിക്കുന്നു ഇതാണ് കുഞ്ഞാൻ എന്ന് പറയുന്നു ഇതെല്ലാം ഇങ്ങനെ പോയിട്ട് പ്രാരബം എന്ന് പറയുന്നത് അനുഭവിച്ചേ തീരത്തുള്ളൂ അതുകൊണ്ട് മരണം വരെ ഇത് തുടരും അപ്പോൾ അനുഭവിച്ച് തീരുമ്പോൾ ആ പ്രാരബ്ധലം പ്രാരബ്ധലം എന്ന് പറഞ്ഞ സൂതുക്കങ്ങൾ ഇതൊക്കെ അനുഭവിച്ച് തീരുമ്പോൾ പ്രാരബ്ധം നശിക്കും പ്രാരബ്ദം നശിക്കുമ്പോഴാണ് ഒരാളെന്ത് ചെയ്യുന്നത് ാലം നിന്ന് ശുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് സ്വാമി സമാധിയാവും മരണം തീർന്നു മരണത്തോടുകൂടി ശരീരം നശിച്ചു പ്രപഞ്ചബോധം നശിച്ചു ചോതുക്കാതി അനുഭവങ്ങളെല്ലാം നശിച്ചു പിന്നെന്താ ശേഷിക്കുന്നത് പിന്നെന്താ ശേഷിക്കുന്നു മാത്രം കേവലമായ ബ്രഹ്മം ഇതാണ് അദ്വൈതിയുടെ കഥ കഴിച്ചിരിക്കുന്നത് പിന്നെ കഥയല്ല എന്തോ യുടെ സിദ്ധാന്തം അത് ഏടെ സിദ്ധാന്തം മുക്തി എന്നൊക്കെ പറയും ഞാനങ്ങനെ കഥയൊന്നും സിദ്ധാന്തമൊന്നും എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്തുകൊണ്ട് എനിക്ക് ഇതിനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല ഇതിനോട് ഓരോ കടപ്പാടും ഇല്ല ഏഹ് പത്തോ ആയിരം വർഷം മുമ്പ് ഒരാൾ എഴുതി വെച്ച് അപ്പൊ അതിനോട് ഞാനിതിനാവശ്യമില്ലാതെ കമിൻമെന്റ് വയ്ക്കേണ്ട കാര്യം തോന്നുന്നു കടപ്പാട് വെക്കേണ്ട കാര്യം തോന്നും അതിന്റെ ആവശ്യം എനിക്ക് എന്ത് തോന്നുന്നു ഞാൻ ഇന്നത്തെ ആധുനിക ലോകത്തിൽ ജീവിച്ചിരിക്കും ഇണ്ടോ പിന്നെ ഇതിനോട് നമുക്കൊരു െന്റ് ഇല്ലാതെ ഇല്ല ഒരു കടപ്പാടില്ലാതെ ഇല്ല എന്തുകൊണ്ട് അതുകൊണ്ടല്ല നമ്മുടെ വയ്യത പറഞ്ഞിപ്പോ ഈ വയസ്സുകാലത്ത് ജീവിക്കുന്നു അതുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്കാരും ചൊല്ലും ചെലവും തരത്തില്ല ഇതാണ് നമ്മൾ ജീവിച്ചു പോകുന്ന ഒരു വിദ്യ അതുകൊണ്ട് തന്നെ ഒരു കടപ്പാടൊന്നും വേണ്ടേ ആയിരുന്നു എന്നല്ല പറയുന്നത് ആണെന്ന് അവിദ്യദി നിവർത്തിസ്തു ഉപാസനാകാര്യാത് അന്ധകരണവൂർത്തി ഭേദാദ് സാക്ഷാത്കാരാഗതി ദൃഷ്ടവ്യം എന്നുവെച്ചാൽ ഇതിനെ അങ്ങനെ കുറച്ച് കാണുന്നതല്ല പഴയകാലത്ത് വലിയ വലിയ ബുദ്ധിമാന്മാര് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സദസുകൾ ചർച്ച ചെയ്ത് എന്താണ് അവര് ആവിഷ്കരിച്ച സിദ്ധാന്തങ്ങളാണ് അതിനെ നമ്മള് അവരെ ചെറുതായി കാണുകയല്ല എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്തിൽ ഇന്ന് ചിന്തിക്കുമ്പോ എന്താണ് എന്നല്ല ഇതിൽ നിന്നോക്കെ നമ്മള് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്ന അറിവ് അവസാനിക്കുന്നതും മനുഷ്യന് പുതിയ പുതിയ അറിവുകൾ നേടുന്നു സോഫിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ കൾച്ചറുമായിട്ട് ബന്ധമല്ല വളരെ സൂക്ഷ്മമായിട്ടുള്ള സോഫിസിക്കറ്റഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏയുടെ അറിവെന്ന് പറയുന്നത് വളരെ സോഫിസിക്കേറ്റഡ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മവും വളരെ സാങ്കേതികവുമാണ് അതാണ് ഈ പറയുന്ന അറിവില് ബൗദ്ധികമായ സൂക്ഷ്മതയുണ്ട് പക്ഷെ ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള സാങ്കേതിക സാങ്കേതികമായ മികവ് ഇതിനകത്ത് ഇല്ല അപ്പോ ശി കേട്ടിട്ടെന്ന് പറയാൻ പറ്റില്ല രണ്ടും വേണം സൂക്ഷ്മമായിരിക്കണം സാങ്കേതിക തികവുണ്ടായിരിക്കണം അത് യാതൊരു സാങ്കേതികതയില്ല എന്തുകൊണ്ട് ഇത് കേവലം ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ ആശയങ്ങൾ രൂപീകരിക്കുന്ന അതിന്റേതായ സൂക്ഷ്മതയുണ്ട് അതും ഇത് ഒരിക്കലും അപ്ഡേറ്റഡില്ല ഇത് ഔട്ട്ഡേറ്റഡാണ് ഈ അറിവിനെ കുറിച്ച് എന്താ പറയുന്നത് ഔട്ട് ഡേറ്റഡ് എന്തുകൊണ്ട് ഔട്ട്ഡേറ്റെന്ന് പറയുന്നു ഇത് ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്ഡേഷനായിരുന്നു പിന്നീട് എന്തെയ്യുന്നു ഇതിന് അപ്ഡേഷൻ ഇല്ല ഇത് ഔട്ട്ഡേറ്റഡാണ് അപ്ഡേഷനും നേരെ വിപരീതം ഔട്ട്ഡേറ്റഡ് അപ്ഡേറ്റഡല്ല മനസിലായോ നമ്മൾ പഴയ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ എന്താണ് പുതിയ സോഫ്റ്റ്വെയർ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ ഔട്ട്ഡേറ്റഡാണ് അതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല പുതിയ ആ ഹാർഡ്വെയർ അതുപോലെയാണ് ഇതെന്ന് ഈ വിജ്ഞാനം ഔട്ട്ഡേറ്റഡ് ആണ് ഉപാസനാ കാര്യാണവൃത്തി സാക്ഷാത്കാര ഇവിടെ ഇനിയിപ്പോ തത്വം ഞാനത്തെ കുറിച്ച് നോക്കണം അതുകൊണ്ട് ഓരോ വാക്കിനും വളരെ വിപുലമായ വ്യാഖ്യാനമൊക്കെ വേണ്ടിവരും മനസ്സിലായോ പഴയതുപോലെ അല്ല വിദ്യ നിവൃത്തി എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു ഉപാസന കാര്യ ഉപാസനയുടെ കാര്യമാകുന്ന അന്ധക്കരണവൃത്തി ഭേദ അന്ധക്കരണവൃത്തി വിശേഷം കൊണ്ട് അതാണ് സാക്ഷാത്കാരം ഇപ്പൊ സാക്ഷാത്കാരത്തിലൂടെ രണ്ട് വിശേഷം കൊടുത്തിരിക്കുന്നത് ഒന്നെന്താണ് ഉപാസന കാര്യമാണ് മറ്റൊന്നെന്താണ് അന്ധക്കരണവൃത്തി ഭേദമാണ് അതാണ് സാക്ഷാത്കാരം ഈ സാക്ഷാത്കാരത്തെയാണ് പറയുന്നത് അഹംബരഹ്മാസം അപ്പൊ ഉപാസന എന്ന് പറയുന്നത് എന്താണ് അദ്വൈനിയുടെ ഭാഷ പറഞ്ഞ നിതിധ്യാസനാസന അപ്പൊ ശ്രവണം മനനം അത് കഴിഞ്ഞ് വരുന്ന നിത്യാസം ഈ നിധ്യാസനം കൊണ്ട് ഒരു അന്ധക്കരണ വൃത്തി വിശേഷം ഉണ്ടാവും എന്നാണ് ഈ അന്ധക്കരണ വൃത്തി എവിടെയാണ്ടാവുന്നത് അന്ധകർണത്തിൽ അന്ധക്കരണത്തിലാണ് അന്ധക്കരണവൃത്തി അന്ധക്കരണം എവിടെയാണ് ബ്രെയിനൊന്നുമില്ല ബ്രെയിനൊന്നും അന്ധകർണമെന്ന് പറയുന്ന ജീവനം കറക്റ്റ് പറഞ്ഞത് കറക്റ്റ് പറയ അപ്പോ ആ ജീവനിലാണ് അന്ധകരണം ആ അന്ധകരണത്തിന്റെ വൃത്തി അന്ധകരണത്തിന്റെ വൃത്തിയാണ് ഇവിടെ പറയുന്നത് സാക്ഷാത്കാരം അത് ആ സാക്ഷാത്കാരം എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ അതാണ് അഹം ബ്രഹ്മാസം എന്ന് പറയുന്ന അറിവ് വൃത്തി എന്ന് പറഞ്ഞ എന്താണ് ഞാൻ പല പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് അന്ധകരണത്തിന്റെ പരിണാമം അന്ധകരണം എന്ന് പറഞ്ഞ എന്താണ് അതെന്താണ് സാധനം എന്താണ് അന്ധകരണം എന്ന് പറയുന്നത് ബോധമുണ്ട് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അതൊക്കെ വേറെ നമ്മൾ പ്രത്യേകം പറയുന്നത് ഇവിടെ പറയുന്ന അനുസരിച്ച് എന്താണ് അന്ധകരണം എത്രയോ ഞാൻ പറയുന്നത് വൃത്തിയുടെ ഉൽപ്പന്ന അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ സാധനം അന്തക്കരണം ഹിമാലയത്തിൽ പോയി പഠിച്ചതും ഇവിടെ പഠിച്ചതും എല്ലാം കണക്കായിരുന്നു ഓരോ വ്യത്യാസവും പറഞ്ഞ പഞ്ചഭൂതം പഞ്ചഭൂതാത്മകമാണ് അതും എങ്ങനെയുള്ള പഞ്ചഭൂതം സൂക്ഷ്മ പഞ്ചഭൂതാത്മകം ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഇതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അപ്പോ സൂക്ഷ്മ തന്മാത്രകളാകുന്ന പഞ്ചഭൂതങ്ങൾ അത് കൂടി ചേരുന്നതാണ് എന്തൊക്കെയാണ് അതിന്റെ പരിണാമമാണ് വൃത്തി ആ വൃത്തിയൂടെ എന്ന് പറയുന്നത് സാക്ഷാത്കാരം ആ സാക്ഷാത്കാരത്തിന്റെ രൂപം അങ്ങനെ ആ സാക്ഷാത്കാരത്തിന്റെ സ്വരൂപം എങ്ങനെയാണ് അഹംബരഹ്മാഹംബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഇതിനെ ഒരു അന്ധകരണ പറയുന്നത് അന്ധക്കരണ വൃത്തിയാണെന്ന് പറയുന്നത് നമ്മളവിടെ ഒന്നുകൂടെ ഗ്രഹിച്ചോണ്ട് എന്താണ് ജ്ഞാനത്തോടു കൂടി അന്ധകരണ അപ്പൊ അഹംബ്രഹ്മാസ്മി എന്ന് പറയുന്ന കേവലം പഞ്ചഭൂതാത്മകമായ ഒരു അന്ധകരണ പരിണാമമല്ല അതില് ജ്ഞാനവും ഉണ്ട് അപ്പൊ രണ്ടിനും കൂടെ ചേർത്തിട്ടാണ് അന്ധകരണവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും എവിടെ പറഞ്ഞാലും അപ്പൊ അന്ധകർണവൃത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടിയ അന്ധകരണപരിണാമം തുള്ളിലുണ്ടാകുന്നു അതാണ് അഹം ബ്രഹ്മാസ്മി എന്നു പറയുന്നത് സാക്ഷാത്കാരം ഇതാണ് അനങ്ങും പറഞ്ഞു അവിദ്യ വൃത്തി അവിദ്യ ഇല്ലാതാക്കുന്ന ഇതാണ് ഇതിനകത്ത് അദ്വൈതികളുടെ അഭിപ്രായ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ഈ ഇവിടെ പറയുന്ന അനുസരിച്ച് അന്ധക്കരണവൃത്തി ആ വിദ്യ നശിപ്പിക്കുന്നു എന്നാണ് അവിടെ ഒരു ചോദ്യം പിന്നെ അന്ധക്കരണ വൃത്തിയാണോ നശിപ്പിക്കുന്നത് അതോ അന്ധകരണവൃത്തിയിലുള്ള ജ്ഞാനമാണോ ഏതാണ് അത് അഭിപ്രായ വ്യത്യാസമുണ്ട് ചെല്ലു പറയുന്ന എന്താണ് അന്തക്കരുടെ വൃത്തിയാണ് ആ വിദ്യ ചെല്ലു പറയുന്നത് എന്താണ് അതിലുള്ള ജ്ഞാനമാണ് ലഭിക്കുന്നത് സാധാരണഗതിയിൽ ജ്ഞാനം വൃത്തിജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഈ അന്തക്കരണ വൃത്തിയേയും അതിനുള്ള ജ്ഞാനത്തെയും കൂടെ ചേർത്താ പറയുന്നു എങ്ങനെയാണോ ഇരുമ്പ് ഗോളം ചുട്ടു പഴുത്തു കഴിഞ്ഞാൽ ആ ഗോളത്തെ നമ്മൾ തീയെന്ന് പറയുന്നു വാസുവീത ഇരുമ്പ് ഇരുമ്പും തീ കൂടെ ചേർന്നതാണ് എന്നാലും നമ്മൾ അതിനെ തീയെന്ന് ഒളിക്കും അതുപോലെ അന്ധകർണം ജ്ഞാനത്തോടുകൂടി ചേരുമ്പോ അതിനെ തന്നെ അന്ധകർണ്ണ വൃത്തിയെന്ന് പറയും അപ്പോൾ വൃത്തിയെന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനത്തെയും അന്ധകർണത്തെയും രണ്ടിനെയെടുക്കാം അപ്പൊ അജ്ഞാനത്തെ അല്ലെങ്കിൽ അവിദ്യം നശിപ്പിക്കുന്നത് അന്തക്കരണ വൃത്തിയാണെന്നും പറയാം ജ്ഞാനാണെന്നും പറയാം ഇതാണ് പഴയ കാഴ്ചപ്പാട് വൃത്തി രൂപത്തിലുള്ള അറിവ് കാണുന്ന ആവരണത്തെ നശിപ്പിക്കുന്നത് വൃത്തിയെന്നാണ് അറിവ് കാണുന്ന അവിടെ പറയുന്നത് ആവരണത്തെ വൃത്തി നശിപ്പിക്കും ചെല്ല് പറയുന്നത് ആവരണത്തെ അറിവ് നശിപ്പിക്കും രണ്ട് പക്ഷമുണ്ടെന്ന് അറിവ് നശിപ്പിക്കുന്നു അറിവ് നശിപ്പിക്കുന്നു അങ്ങനത്തെ വൃത്തി എന്ന് പറയുന്ന വിഷയത്തെ വ്യാപിക്കുന്ന അതാണ് വൃത്തിയുടെ ഏതാണോ അവനെ വ്യാപിക്കുകയാണ് വൃത്തിയുടെ വൃത്തി അതിനു വേണ്ടിയിട്ടുള്ളതാണ് അതാണ് മുന്നേ കടന്ന് വിഷയം പ്രതി വൃത്തി എന്ന് വെച്ച ആ വൃത്തി എന്ത് ചെയ്യുന്നു വിഷയത്തെ വ്യാപിക്കുന്നു എന്നിട്ട് അതെന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു വസ്തുവിന് അറിവ് പ്രകാശിക്കുന്നു വിഷയത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ബ്രഹ്മത്തിന്റെ കാര്യം പറയുമ്പോഴാണ് വരുന്നത് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ അവിദ്യ എന്ത് നശിപ്പിക്കുന്നു വൃത്തിയാണോ നശിപ്പിക്കുന്നത് അത് അറിവാണോ രണ്ടു വർഷമുണ്ട് എന്തോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് ജ്ഞാനം എന്ന് പറയുന്നു ജ്ഞാനം അപ്പൊ ജ്ഞാനം എന്ന് പറയുമ്പോ പഴയകാലത്ത് ഇവർ പറയുന്ന അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടായി മാറും അറിവ് നിരന്തരം ഉണ്ടായി മറയുന്ന ഈ അറിവ് എന്ന് പറയുന്നത് പഴയകാലത്ത് ഇതനുസരിച്ച് എന്താണ് അതൊരു സബ്സ്റ്റൻസ് ആണ് ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പദാർത്ഥമാണ് പദാർത്ഥത്തിന്റെ പ്രത്യേകത ഈ പദാർത്ഥം അതിന്റെ സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ അതിൽ പല ഗുണങ്ങളും ഉണ്ടായിരിക്കും ആ ഗുണങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നാലും പദാർത്ഥം നിലനിൽക്കും മനസിലായോ അതുപോലെയാണ് ജ്ഞാനത്തിന് ഒരു പദാർത്ഥമായി പഴയകാലത്ത് സ്വീകരിച്ചത് കാരണം അത് ശരിയാണ് കാരണം ജ്ഞാനത്തിനെന്താ സൂക്ഷ്മഭൂതങ്ങളുണ്ട് ഒരു പദാർത്ഥമാണ് ഒരു വസ്തുവാണ് ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നത് ജ്ഞാനത്തെ ബ്രഹ്മം വേറെ പഴയകാലത്ത് അദ്വൈതത്തിലെ പ്രക്രിയ എന്നുവെച്ചാൽ ചിന്താരീതി അനുസരിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കി പോയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല നാളെ വായിപ്പിച്ചിരിക്കും പോയിന്റ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അദ്വൈതത്തിന്റെ പ്രക്രിയ അനുസരിച്ച് ജ്ഞാനം എന്ന് പറയുന്ന എന്താണ് പദാർത്ഥം എന്തുകൊണ്ട് പറയുന്നു അതില് സൂക്ഷ്മൂതങ്ങളുണ്ട് ഒരു വസ്തുവാണ് അത് പൊതുവെ പദാർത്ഥത്തിനെ കുറിച്ച് പറയും പദാർത്ഥങ്ങൾക്കെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കും ഗുണങ്ങൾക്ക് മാറ്റം വന്നാലോ നിലനിൽക്കും ഒരു പാറ എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ് അതിൽ പല മാറ്റങ്ങൾ വന്നാലും പാറ നിലനിൽക്കുന്നു അതുപോലെ ഒരു വസ്തുവാണ് എന്റെ ഞാൻ അങ്ങനെ അത് പദാർത്ഥമാണ് പക്ഷെ അത് കാറ്റഗറികൾ അവർക്ക് ദ്രവ്യം മേരെ ഗുണോന്ന് പറയുന്ന പദാർത്ഥത്തിൽ ഇവിടെ അദ്വൈഥികൾ പറയുന്നത് എന്താണ് അത് ഒരു ദ്രവ്യപരിണാമമാണ് അപ്പൊ അതിനകത്ത് ജ്ഞാനവും ഈ സൂക്ഷ്മ ഭൂതങ്ങളും ചേർന്ന് ഒരു പദാർത്ഥമായിരിക്കുന്നു അങ്ങനെ ചേർന്നിരിക്കുന്നതിനാണ് അവരാസം എന്ന് പറയുന്നത് ഈ പറയുന്ന സൂക്ഷ്മഭൂതങ്ങളും ജ്ഞാനവും കൂടെ ചേർന്നിരിക്കുമ്പോ അതിന് അതൊരു പദാർത്ഥമാണ് ഒരു വസ്തുവാണ് അത് നശിക്കുന്നു മനസിലായോ എന്നാ മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നത് എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്ന ഒരു ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിന് കൃത്യമായി പറഞ്ഞു ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ ജ്ഞാനം റെപ്രസെന്റ് ചെയ്യുന്നു കൃത്യമായി പറഞ്ഞു സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് പൊതുവെ പറയും പെരെയ്നൽ നടക്കുന്ന ഒരു പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ത് ജ്ഞാനം അത് എന്തല്ല ഗുണങ്ങളോ മറ്റു സവിശേഷതോ ഭാരമോ തൂക്കമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദാർത്ഥമല്ല അത് അത് ബ്രെയിൻ നടക്കുന്ന ഒരു പ്രോസസ്സിനെ റിപ്രസെന്റ് ചെയ്യുന്നു പറയാൻ കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ചിന്തിക്കുന്നു എന്നിരിക്കട്ടെ അപ്പം ബ്രെയിനിനെ സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എന്താണ് നമ്മുടെ ചിന്തയ്ക്ക് സമാന്തരമായി ബ്രെയിനിൽ ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ചിന്തയ്ക്ക് സമാന്തരമായി ബ്രെയിനിൽ ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അത് ഇന്ന് സ്കാനിങ്ങിലൂടെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമാണ് സ്കാനിങ്ങിലൂടെ ഞാനൊക്കെ കണ്ടെത്താൻ പറ്റില്ല പക്ഷെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സിംഗിൽ കണ്ടെത്താൻ പറ്റും അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ബ്രെയിൻ പ്രോസസ്സിനെ അത് റെപ്രസെന്റ് ചെയ്യുന്നു ഏത് ഞാനും വസ്തുവല്ല പഞ്ചഭൂതങ്ങളില്ലാതിന് അവിടെ അധ്യാസമില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല അങ്ങനെയാണ് ജ്ഞാനം കോൺഷ്യസ്നെസ് എന്നെല്ലാം പറയും അതാണ് മോസ്റ്റ് മോഡേൺ നോളോ സയൻസ് പറയുന്നു അപ്പോ അങ്ങനെയുള്ളൊരു ജ്ഞാനം എന്ന് പറയുന്ന ബ്രെയിനിന്റെ പ്രോസസ്സ് സംഭവം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ോസസ് എന്ന് പറയുന്നത് എന്താണോ എന്ന് വെച്ചാൽ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്ന ബില്ല്യൻസ് ഓഫ് ന്യൂറോൺസ് കൂടി ചേർന്നാണ് അപ്പൊ അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ന്യൂറോണില് ഒരു എലക്ട്രിക്കൽ സ്പൈക്ക് ഉണ്ടാവും സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുതിപ്പ് ഒരു ചാട്ടം അപ്പോ ഒരു ന്യൂറോണും വേറെ ഒരു ന്യൂറോണും തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ടായിരിക്കും അതിനെയാണ് പറയുന്നത് സിനാപ്സിസ് എന്ന് പറയുന്നു അപ്പോ ഇതിലൊരു ഇലക്ട്രിക്കൽ സ്പൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പതുക്കെ അടുത്തയിലേക്ക് പോവും അടുത്ത നൂറോണിലേക്ക് പോവും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈലന്റ് ആവും അല്ലെങ്കിൽ അതിന് സ്പൈക്ക് ഉണ്ടാവും രണ്ടും സംഭവിക്കും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും ന്യൂറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് ഈ ന്യൂറോണുകളിൽ ഈ ഇലക്ട്രിക്കൽ സ്പൈക്കുകൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ന്യൂറോൺ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കുമ്പോൾ ഇതിന്റെ ജംഗ്ഷനുകളിൽ എന്തു ഇത് സ്ട്രോങ് ആവും അതിന് സിനാപ്സിസ് വെയ്റ്റ് എന്ന് പറയും ുവരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഞാൻ പുസ്തകത്തെ കാണുന്നു എന്ന് പറയുന്ന ഒരു ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ എന്റെ ന്യൂറോണുകളിൽ ഈ ഒരു ഗ്രൂപ്പ് ന്യൂറോണുകളിൽ ഈ വൈദ്യുത പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആ ജംഗ്ഷനുകളിൽ ഇത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഞാൻ പറയുന്ന പുസ്തകം ഇത് പുസ്തകം പുസ്തകം എന്ന് പറയുമ്പോഴത്തേക്ക് ആ സിനാപ്സിസ് വെയിറ്റ് കൂടിക്കൂടി വരും അങ്ങനെ വരുമ്പോ എന്ത് വരുന്നു നമ്മുടെ ഈ നൂറോണുകളെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും പാറ്റേൺന്ന് പറയും ആ നൂറൽ പാറ്റേൺ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്റെ കൂടെ ഇത് പുസ്തകം എന്ന് പറയുന്ന അറിവിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ നൂറ് പാറ്റേൺ അതൊരു പ്രോസസ്സിംഗ് അവിടെ നടക്കുന്നു അവിടെ ഈ പറയുന്ന പഞ്ചബോധങ്ങളോ ഈ പറയുന്ന ജ്ഞാനമോ വന്നിട്ട് ഏതെങ്കിലും അജ്ഞാനത്തെ അവിടെ നശിപ്പിക്കുക ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല മനസിലായോ ആ ശരിയാണ് മുമ്പ് ഒരു നമ്മുടെ ഉള്ളിൽ ബോധം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ബോധം ഉണ്ടായി അത്രയേ അല്ല ഈ ബോധം വന്നിട്ട് അവന് നശിപ്പിക്കാനവിടെ ഒരു അജ്ഞാനം ഒന്നും അവിടെ ഇരിക്കില്ല അങ്ങനെ നശിപ്പിക്കുന്ന ഒരു വസ്തുവല്ല ഈ ബോധം എന്നാണ് ആര് പറയുന്നത് മോഡേൺ ന്യൂറോ സയൻസ് പറയുന്നു ഒരു കാഴ്ചപ്പാടാ അപ്പൊ പിന്നെ ഈ ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞ എന്താണോ ബ്രഹ്മജ്ഞാനം പറഞ്ഞാൽ നമ്മൾ നിരന്തരം ഇതിനെ ചിന്തിക്കുന്നു പഠിക്കുന്നു അങ്ങനെ വരുന്നതിനനുസരിച്ച് എന്തോരും നമ്മുടെ ന്യൂറോൺ ഒരു ഒരു ഗ്രൂപ്പ് ന്യൂറോണില് ഓരോ സ്പൈക്ക് ഉണ്ടാവും അത് അടുത്ത് ട്രാൻസ്ഫർ ചെയ്യും ഒരു ഗ്രൂപ്പിൽ ഇത് നിരന്തരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സിനാപ്സിസ് വെയിറ്റ് കൂടിക്കൂടി വരും അപ്പോൾ ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടാവും അതിനനുസരിച്ച് എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ഒരു അറിവുണ്ടാവും ആ അറിവിനെ നമ്മൾ എന്തു പറയും നിരന്തരം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ജ്ഞാനം ഉണ്ടാവുക ഉണ്ടാകാതിരിക്കത്തില്ല ഒരു ഞാനവിടെ ഉണ്ടാകും പക്ഷെ ആ ഞാനം ഉണ്ടാകാൻ വേണ്ടിട്ട് അവിടെ എന്തില്ല അവിടെ ബ്രഹ്മ ഇല്ല പിന്നെന്താ ഉള്ളത്യൂറോ ബ്രഹ്മ അവിടെ ഇല്ല പിന്നെ ഈ ഇങ്ങനെ പറയുക ആ ബ്രഹ്മാസമുണ്ടാകുമ്പോ അതിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെ അജ്ഞാനം ഇല്ല പിന്നെ ഈ പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത് ബ്രഹ്മാകാര വൃത്തിയല്ല ബ്രഹ്മമില്ല അതിന്റെ ആകാരമില്ല ആ രീതിയിൽ പരിണമിക്കാനൊരു അന്ധക്കരണമില്ല അന്ധക്കരണം അങ്ങനെ പരിണമിക്കുന്നുണ്ട് അപ്പൊ ആ പറയുന്ന എന്താണ് അതൊക്കെ കഥ മനസിലായേ എന്നാരുംറയുന്നു മോഡേൺ സയൻസ് ആ രീതിയിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിന്റെ ബ്രെയിനുമായിട്ടുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും എന്തിന് നമ്മുടെ അറിവിൽ ഈ പറയുന്ന കാര്യങ്ങൾ കഥയല്ലേ എന്തുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഇതിനൊക്കെയുള്ള പ്രോസസ്സിംഗ് ഈ പ്രോസസ്സിംഗ് ഒക്കെ നമുക്ക് മനസിലാക്കാം അങ്ങനെ മനസ്സിലാക്കി പഠിച്ചിട്ടായത് പറയുന്നു അല്ലാതെ ഭാവനയിൽ കണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് ഇന്ന് ഈ പറയുന്നതിനൊക്കെ എന്തുണ്ട് എവിഡൻസും എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു മറ്റതങ്ങനെയല്ല ഫിലോസഫിയാണ് അത് തത്വചിന്തയിൽ പറയുന്നതാണ് അത് ഒരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേറെ വഴിക്കും പോയിക്കൊണ്ടിരിക്കുകയും എവിഡൻസിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് വേണമെങ്കിൽ എന്ത് വേണം ന്യൂറോസയൻസ് മനസ്സിലാക്കണം അല്ല ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള മനനം അതിന്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് വേണമെങ്കിൽ എന്ത് വേണം അന്ദ്വിധം പഠിക്കണം ഇതല്ലാണ്ട് നിങ്ങളുടെ വ്യത്യാസം കൊടികിട്ടിയാ പിന്നെ അയ്യോ ഞാൻ അങ്ങനെ പഠിച്ചുപോയേ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്നെ വെറുതെ കൊടുന്ന് എന്നെ കൊല്ലല്ലേ എന്നൊന്നും കാര്യം രണ്ടാണ് അറിയില്ലല്ലോ അറിയില്ല അന്ന് പഠിപ്പിച്ചവർക്കും അറിയില്ല പരമ്പരക്കെ കുറിച്ച് അറിയില്ല ോ അപ്പൊ ഇനി നഞ്ചത്തടിച്ച് നടപടിക്കില്ലല്ലോ അയ്യോ അയ്യോ നശിപ്പിച്ചുകളെ ഞാൻ അവിടെ വൃത്തി ബ്രഹ്മാനോ ഉണ്ടാവും അതൊരു തർക്കമൊന്നുമില്ല ബ്രഹ്മ അതിന് ബ്രഹ്മം ഇല്ല ബ്രഹ്മ നമ്മളെ ബ്രെയിനിൽ അറിവുണ്ടാവും നമ്മള് നിരന്തരം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞോണ്ടിരുന്ന അതായത് നമുക്ക് ഒരു അവിടെ ഈ പറയുന്ന തരത്തിലൊരു പാറ്റേൺ ഉണ്ടാവും ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അങ്ങനെന്താ പറയുന്ന ന്യൂറൽ നെറ്റ്വർക്ക് അതവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ പാറ്റേൺസ് ഉണ്ടാവും അപ്പൊ ആ ചിനാപ് ഇന്ന് പഠിച്ചു അത് കൂടി കൂടി വരും മനസിലായ അങ്ങനെ മനുഷ്യന്റെ ഇതില് ബ്രഹ്മജ്ഞാനവും ഉണ്ടാവും അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനാബദ്ധമല്ല എന്ന് ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ടാവും നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് വരും ചിന്ത എന്ന് പറയുന്ന അറിവെന്ന് പറയുന്ന ഇങ്ങനെയാ സംഭവിക്കുന്നതെന്ന് ന്യൂറോ സയൻസ് പറയുന്നു അത് എനിക്കറിയാന്നുള്ള ഒരു ചെറിയ രീതി പറഞ്ഞു വളരെ വിപുലമായൊരു സബ്ജെക്ട് ആണ് അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല മനസിലായ ഭാഗം മനസ്സിലാക്കിയത് നമ്മൾ കൊറേ വായിക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും ആ കാര്യം പറഞ്ഞു ഇതൊക്കെ ശെരിക്കും മനസിലാക്കണമെങ്കിൽ നമ്മളൊരു നൂറോ സയന്റിസ്റ്റിന്റെ പഠിക്കണം അങ്ങനെ ഒരു നൂറോ സയന്റിസ്റ്റ് പഠിപ്പിച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അത് നമുക്ക് മനസ്സിലാവും നാലഞ്ച് വർഷം പഠിക്കണം നമുക്കിപ്പോ അതിന്റെ ഒരു എസൻസ് കുറച്ചെടുത്ത് നമ്മള് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അത് എന്നെനിക്ക് പറയാൻ പറ്റും ആ നമ്മള് ബ്രഹ്മസൂത്രത്തിന് പകരം ആത്മബോധം പഠിക്കില്ലേ അതുപോലെ അത് ഒരു പഠനമാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ ആഴത്തിലുള്ളതൊന്നും ചിരിച്ചു പറഞ്ഞ ഇങ്ങനെ ഇത്രയും മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഒരുപാട് ന്യൂറോ സയൻസ് കൊറേ വായിച്ചാലേ ഇത്രയും എങ്കിലും കിട്ടത്തു അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് മറ്റിടത്ത് അങ്ങനെയാണ് പറയുന്നതെന്ന് രണ്ടും വേദനിരിച്ചറിഞ്ഞാ കൊള്ളാം അതുകൊണ്ട് പറഞ്ഞു എന്നാണ് കാര്യം